പ്രത്യേകത്തെക്കുറിച്ച് പറഞ്ഞു പ്രത്യേകം എന്ന് വെച്ചാൽ ജ്ഞാനം അതിനെക്കൊണ്ട് ആർക്കും ഗുണമില്ല ജ്ഞാനത്തിന് അസത്വ ശൂന്യത്തെ കൊണ്ട് ഗുണമെന്ന് പറഞ്ഞു പറഞ്ഞു ഞാനൊരു പ്രത്യേക ജ്ഞാനം ഒരു തപസ്സിയാണ് തപസിയെ കൊണ്ട് ആർക്കും ഒരു ഗുണമില്ല തപസ് മറ്റുള്ളവർ കൊണ്ട് ഗുണമില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചു അസത്യവി നിരൂപണമായതേ അസത്വം അസത്തിന് അധീനമായ നിരൂപണം എന്നുവെച്ചാൽ അസത്തിന് അധീനമായാണ് പ്രത്യത്തിന്റെ നിലനിർത്തി ആയത്തെന്ന് വെച്ചാൽ ഭഗവതി എന്നർത്ഥം എന്നുവെച്ചാൽ പ്രത്യേക തത്ര അത്ഥത്തേത് പ്രത്യേകം അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല അസത്ത് പ്രത്യേകത്തിനെ സഹായിക്കുന്നുണ്ട് കാരണം അസത്തിന അധീനമാണ് പ്രത്യയ പ്രകാശിക്കുന്നത് ഇത് പുസ്തകമാണ് ഇത് മേശയാണ് ഇങ്ങനെയൊക്കെയുള്ള ജ്ഞാനം അസത്തായ പുസ്തകത്തിനും മേശയ്ക്കും അധീനമാണ് ഉണ്ടാവുന്നത് അധീനമാണ് പ്രത്യേകത്തിന്റെ നിലനിൽക്കുന്ന ജ്ഞാനത്തിൽ ജ്ഞാനം കൊണ്ട് അസത്തിനും എന്ത് സംഭവിക്കുന്ന ഒന്നുമില്ല കാണും എന്നാലും പ്രത്യേക ആദ്യത്തെ അസതാധാരത്വ യോഗം എന്തുകൊണ്ടാണ് അസത് എന്ന് പറയുന്നത് വന്ധ്യാപുത്രമാണ് അത് ഒന്നിനും ആധാരമാകത്തേണ്രഥത്തെ പറയുന്നു അസത്തിനെ അധീനമാണ് പ്രത്യേകം നിലനിൽക്കുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശൂന്യമായി പറയുന്നു അസത്തിനെ കൂടാതെ പ്രത്യേകം ജ്ഞാനം ിലനിൽക്കുന്നില്ല അത് തന്നെ ഇത്രയേ ഉള്ളൂ അസത്തിനെ കൂടാതെ ജ്ഞാനം നിലനിൽക്കത്തില്ല എന്നുവെച്ചാൽ ഇത് പുസ്തകമാണ് ശൂന്യമാണ് പുസ്തകമായിരിക്കുന്നത് പുസ്തകം എന്നുള്ള എനിക്ക് അറിവുണ്ടായി പുസ്തകം എന്നുള്ള അറിവുണ്ടാവണമെങ്കിൽ എന്തുവേണം ശൂന്യം ആയ ഈ പുസ്തകം വേണം അപ്പൊ അസതന്തു ചെയ്യണമെന്ന് വെച്ചാൽ അസത്തിനെ കൂടാതെ ഈ പുസ്തകത്തിനൂടാതെ എന്തുണ്ടാവത്തില്ല ഞാനുണ്ടാകത്തില്ല അതാണ് അസ തന്ത്രണ പ്രത്യോന അസത്ത് തന്നിതെല്ലാം അസത്താണ് ഓരോന്നും അസത്താണ് അന കൂടാതെ ഈ ജ്ഞാനം നിലനിൽക്കുന്നില്ല പ്രതി പ്രകാശിക്കുക എന്നുവെച്ചാൽ ജ്ഞാനം നിലനിൽക്കുന്നില്ല ഇത് പ്രത്യക്ഷ അതുകൊണ്ട് പ്രത്യേകത്തിനാണ് ഇങ്ങനെ ഒരു സ്വഭാവമുള്ളത് എന്താണോ അസത്തിനെ കൂടാതെ അത് നിലനിൽക്കുന്നില്ല അത് പ്രത്യേകത്തിന്റെ ഒരു സ്വഭാവമാണ് അതാണ് അസത്തും പ്രത്യുമായിട്ടുള്ള ബന്ധവും എന്ന് പറയുന്നത് എന്നതും അസത് അധീനമായി സ്വീപിഞ്ചി അല്ലാതെ അസത്തിന് അധീനമായതിനെന്തെങ്കിലും ഉണ്ടെന്നുണ്ടാകില്ല പുസ്തകം ഉണ്ടെങ്കിൽ എന്തുണ്ടാവും പുസ്തകജ്ഞാനം ഉണ്ടാവും എന്താ ഈ പുസ്തകത്തിന് അധീനമായി ഞാനും നിൽക്കുന്നു എന്നല്ല എന്തുകൊണ്ടങ്ങനെ പറയുന്നു കാരണം ജ്ഞാനം വ്യത്യസ്തമായിരിക്കുന്നു പുസ്തകജ്ഞാനം മേശയുടെഞാനം ഇങ്ങനെ അപ്പൊ അതൊക്കെ അസുഖമാണ് അതിനനുസരിച്ച് ആണ് ഇത് നിലനിൽക്കുന്നതെന്നാണ് ഇതുവരെ പറഞ്ഞതെന്ന് ശൂന്യവാദി പറയുകയാണ് അപ്പോ സത്തിന് കൊണ്ട് ജ്ഞാനത്തിനുപകാരമുണ്ട് ജ്ഞാനത്തെ കൊണ്ട് അസത്തിനുപകാരമില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അസത്തായിരിക്കുന്ന ഈ വസ്തുക്കളെ കൊണ്ടാണ് അതിനെ ആശ്രയിച്ചിട്ടാണ് ജ്ഞാനം ഉണ്ടാകുന്നതെന്ന് അല്ലാതെ അസത്തിന് ഈ ജ്ഞാനത്തെ കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമെന്ന് കാരണം എന്താണ് അസത്ത് ശൂന്യമാണ് ശൂന്യത്തിനൊന്നും ആവശ്യമില്ല അശൂന്യമാണ് അഹോബദ അസത്പക്ഷപാതം പറയുന്നു നിങ്ങളീ ജ്ഞാനത്തിന്റെ ഈ അസത്പക്ഷപാതം വളരെ ആശ്ചര്യം തന്നെയാണ് എന്തുകൊണ്ട് ആ തതുത്പത്തി ആ തഥാത്മാച ജ്ഞാനം എന്ന് പറയുന്നത് അസത്തിൽ നിന്നുണ്ടായതല്ല അസത് സ്വരൂപമല്ല അതൊക്കെ വിശദീകരിച്ചാണ് എന്നാ തത് അവിനാഭാവനയോ എന്നാൽ ജ്ഞാനം എന്ന് പറയുന്നത് അസത്തിന്റെ വ്യാപ്യമാണ് എവിടെവിടെയെല്ലാം ജ്ഞാനമുണ്ടാകും അവിടെ എവിടെയൊക്കെ അസത്തും അത് പറയാമല്ലോ എനിക്ക് പുസ്തകത്തിന്റെ ജ്ഞാനം ഉണ്ടായി എവിടെ എവിടെയെല്ലാം എനിക്ക് പുസ്തകത്തിന്റെ ജ്ഞാനം ഉണ്ടാവുന്നു അവിടെ എവിടെയെല്ലാം എന്നുണ്ട് മുമ്പിൽ അസത്തായ പുസ്തകമുണ്ട് തത് അവിനാഭാവനിയത പ്രത്യേക അസത്വത്തിനോട് വ്യാപ്തി നിയമം അവിനാഭാവനിയതം എന്ന് വെച്ചാൽ വ്യാപ്തി നിയമം അല്ലെങ്കിൽ വ്യാപ്തം ആണ് അതുകൊണ്ട് അത് ശരിയല്ലെന്നറിയണം എന്ന് പറയുമ്പോ അധിക്ഷേപിക്കുകയാണ് അങ്ങനെ നിങ്ങൾക്ക് അസത്തും ഞാനും നമ്മളൊരു ബന്ധമുണ്ടാക്കാൻ പറ്റത്തില്ല തസ്മാത് അത്യന്ത അസന്തഹ ശരീരേന്ദ്രിയോ നിസ്തത്വ അനുഭവ ഭവിതം അർഹം തീ എന്നാലും പറയുന്നു സുഖുന്നു നിങ്ങളിതൊക്കെ ശൂന്യം ആണെന്ന് കരുതി കഴിഞ്ഞാൽ ഇത് അനുഭവത്തിന് വിഷയമാകത്തില്ല അതുപോലെ അന്ധ്യാപത്ര തസ്മാത് അത്യന്താസന്ത ശരീരേന്ദ്രിയാദികൾ അത്യന്ത അസത്വം എന്ന് വെച്ചാൽ ശൂന്യമായിരിക്കുന്ന ശരീരേന്ദ്രിയാദികൾ നിസ്തത്വ അത് ശൂന്യമാണ് നിസ്തത്വം എന്ന് വെച്ചാൽ ശൂന്യമാണ് എന്നാൽ അനുഭവ വിഷയം വരും അതൊരിക്കലും അനുഭവത്തിന് വിഷയമാണ് ശൂന്യത്തെ അത്രബ്രുമ ഇവിടെ മുതൽ സിദ്ധാന്തം സിദ്ധാന്തി ആരംഭിക്കുകയാണ് പക്ഷെ ശരിക്കും സിദ്ധാന്തം അല്ല പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സിദ്ധാന്തിയുടെ ഭാഗത്ത് നിന്നു ഇവിടെ പറഞ്ഞു നിർത്തിയത് ആരാണോ പറഞ്ഞു നിർത്തിയത് ആരാണോ അതുകൊണ്ട് ചോദ്യങ്ങളൊന്നും സത്കാർ വിവാദികളോടായിരിക്കും അവരായിരിക്കും മറുപടി പറയുന്നത് അത്രബ്രുമ നിസ്തത്വം ചെയ്ത അനുഭവഗോചര അതാണോ തൊട്ട് മുമ്പ് പറഞ്ഞത് ശരീര ഇന്ദ്രിയാദികളെല്ലാം ശൂന്യമാണ് എങ്കിലും അനുഭവത്തിന് വിഷയമാകത്തില്ല അപ്പോ അവരോട് ആ പറഞ്ഞവരോട് ചോദിക്കണം അപ്പൊ ആരോടാ ചോദിക്കുന്നത് ആരോടാ ചോദിക്കുന്നത് സർക്കാരിൽ ചോദിക്കാണ് നിസ്തത്വം ചെയ്ത് അനുഭവ ഗോചര ശൂന്യമാണെങ്കിൽ അനുഭവത്തിന് വിഷയമാകുക ചെയ്തെന്ന് വെച്ചാൽ അങ്ങനെയാണ് എങ്കിൽ തത്കും ചോദ്യമാണ് ഇതാനി മരീചിയോ വി തോയാത്മന സങ്ങനെയെങ്കിലും കാണുന്ന മരുമരീചിയില്ല ആ മരീചികൾ ജലരൂപത്തിൽ തത്വമാണോ സത്യമാണോ മരീചി ജലരൂപത്തിൽ സത്യമാണോ എന്നാണ് ചോദിക്കുന്നത് സത്കാരിവാദിയോട് ചോദിക്കുകയാണോ മരീചി ജലരൂപത്തിൽ സത്യമാണോ സത്കാരിവാദി എന്ത് പറയുന്നതാണ് ശൂന്യമല്ലെന്ന് പറഞ്ഞിരുന്നു ശൂന്യമാണെങ്കി അനുഭവപ്പെടത്തില്ല ഇപ്പൊ മരീചിയുടെ ജലം അനുഭവപ്പെടുന്നുണ്ടോ മരുഭൂമിയുടെ ജലം അനുഭവപ്പെടുന്നുണ്ടോ അവിടെ മരീചി ജലരൂപത്തിൽ ശൂന്യമാണെങ്കിൽ അനുഭവപ്പെടത്തില്ല മരുഭൂമിയിലെ ജലം അനുഭവപ്പെടുന്നുണ്ട് അപ്പോ എന്താണ് അത് വാസ്തവമാണോ ജലം മരീചിയാണല്ലോ അവിടെ അനുഭവപ്പെടുന്നത് ജലരൂപത്തിൽ മരുമരീചിയിലെ ആ ജലം അവിടെ മരീചിയുണ്ടെന്നുള്ള എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് എല്ലാവരും അംഗീകരിക്കും അവിടെ മരീചിയുണ്ട് ഉഷ്ണകിരണം ഈ ചോദിക്കുന്നത് അത് അനുഭവപ്പെടുന്നുണ്ടോ ഉണ്ട് ശൂന്യമാണെങ്കിൽ അനുഭവപ്പെടുന്നുണ്ടോ അപ്പൊ ചോദിക്കുകയാണ് അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെന്ന് അത് ജലരൂപത്തിൽ സത്യമാണ് കാരണം ജലമായിട്ട് അനുഭവപ്പെടുന്നു സത്കാരിവാദികൾ ചോദിക്കുകയാണ് ജലരൂപത്തിൽ സത്യമാണോ അനുഭവപ്പെടുന്നുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് ഈ അത് അനുഭവമോ ജലാസയം അതുകൊണ്ടാണോ അത് അനുഭവത്തിന് വിഷയമാകുന്നത് യസ്മാദ് എന്തുകൊണ്ട് അത് സത്യമായതുകൊണ്ട് അനുഭവത്തിന് വിഷയമാകുന്നു നിങ്ങൾ പറയുമോ എന്നാണ് അതെന്ന് വെച്ചാൽ എസ്മാഅദ്സ്മാണു നിങ്ങൾ വലീജി ജലരൂപത്തിൽ സത്യമാണ് എസ്മാ അതുകൊണ്ട് അനുഭവത്തിന് വിഷയമാകുന്നു നിങ്ങൾ പറയുന്നത് എന്നാണ് അവരോട് ചോദിക്കുന്നത് ഇപ്പോൾ സഖ്യാധിവാദി എന്ന് പറയേണ്ടി വരും സത്താണ് അനുഭവപ്പെടുന്നതെന്നാണ് പറയുകയാണെങ്കിൽ ഉഷ്ണതരംഗങ്ങൾ ജലരൂപത്തിൽ സത്യമാണ് അതുകൊണ്ട് അത് അനുഭവപ്പെടുന്നുവെന്ന് പറയേണ്ടി ാണ് ചോദിക്കുന്നത് അപ്പൊ അവര് പറയുക എന്താണ് അത് സത്യം കാരണം സത്യം എന്ന് പറഞ്ഞാൽ വരും മരുഭൂമിയില് ആ ഉഷ്ണകരണങ്ങൾ ജലരൂപത്തിൽ സത്യമാണെന്ന് പറഞ്ഞാത് വരും പറയാൻ പോയി വെള്ളം കോടിക്കാൻ പോയി കുടിക്കാൻ പറ്റുമോ സഖ്യാധിവാദി പറയാണ് ആ കിരണങ്ങൾ ആ കാണുന്ന ജലരൂപ സത്യം എന്ന് പറഞ്ഞാൽ പറയും അധവീതി അവരുടെ പറയും പോയി വെള്ളം പേര് കുടിക്കാൻ പറ്റുമോ അപ്പൊ അവർക്ക് എന്ത് പറയേണ്ടി വരും ഏ എന്തു കിരണങ്ങൾ ജലരൂപത്തിൽ സത്യമല്ല അതാണ് അവര് പറയാണ് സത്വ അത് സത്യമല്ല അതിനോട് സംബന്ധിച്ചു ഇങ്ങനെ പറയൂ എന്ന് പറഞ്ഞുകൊണ്ടാണോ അവർ പറയുന്നത് സത്യമല്ല എന്തുകൊണ്ട് തദാത്മന മരീചിയാ അസത്വ പറ അവിടെ ഉണ്ട് കൃഷ്ണകിരണമുണ്ട് പക്ഷെ തദാത്മന എന്ന് പറഞ്ഞാൽ ജലരൂപത്തിൽ എന്താണ് അത് അസത്വമാണ് സത്വമല്ല അസത്വമാണ് എന്താണ് എന്നുള്ള പ്രശ്നങ്ങൾ ഇവിടെ സത്കാരിയവാദി പറയാണ് അവിടുത്തെ ഉഷ്ണതരംഗങ്ങൾ ജലരൂപത്തിന്റെ അസത്വം അസത്വം എന്ന് വെച്ചാൽ ശൂന്യമെന്നാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതോ മറ്റെന്തെങ്കിലും അർത്ഥമാണോ എന്ന് ചോദിക്കും എന്താണ് ഈ അസത്വം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവർ സത്കാരിവാദി തന്നെ പറയുന്നത് എന്താണ് സത്വം എന്താണ് ദിവിതം ഹി വസ്തുവിനാ സത്വം വസ്തുസത്വവും തരത്തിലുണ്ട് എന്തൊക്കെയാണ് സത്വം അസത്വം ചുവിന തത്വം എന്ന് വെച്ചാൽ വസ്തുവിന്റെ യാഥാർത്ഥ്യം രണ്ടു തരത്തിലുണ്ട് സത്വവും അസത്വവും അപ്പൊ അവര് ശൂന്യത്തിലേക്ക് പോകുന്നില്ല എന്താണ് ത്വം എന്താണ് അസത്വം നിർവചിക്കുകയാണ് അത് സത്കാര്യവാദികൾക്ക് അവരുടേതായ നിർവചനമുണ്ട് അത്ര പൂർവ ഒരു വസ്തു സ്വയം സത്വമായിരിക്കുന്നു മേശ മേശയുടെ രൂപത്തിൽ എങ്ങനെയായിരിക്കുന്നു പുസ്തകത്തിൻ്റെ രൂപത്തിൽ ഇത്രയേ ഉള്ളൂ നല്ല അർത്ഥം അശൂന്യം ഒന്നും അവിടെ എന്ന് പറഞ്ഞാൽ മരീചി ജലരൂപത്തിൽ അതത്വമാണെന്ന് പറഞ്ഞാൽ ശൂന്യം എന്നൊരു അർത്ഥം അദ്വൈതി പറയുന്ന അനിർവചനീയം എന്നുള്ള അർത്ഥവും വരത്തില്ല പിന്നെ തത്വം എന്നും അതത്വം എന്നും പറഞ്ഞാൽ എന്താണ് ഒരു വസ്തു പുസ്തകം പുസ്തകത്തിന്റെ രൂപത്തിൽ മേശയുടെ രൂപത്തിൽ ഇത്രയുള്ള എൻ്റെ അർത്ഥം ശൂന്യവാദിയുടെയോ അദ്വൈതിയുടെയോ നിർവചനങ്ങളെ ഇവർ സ്വീകരിക്കുന്നില്ല അത്ര പൂർവ്വസുഖം സത്വം എന്ന് സ്വയം സത്യമായിരിക്കുക അസത്യു പറഞ്ഞാൽ യഥാഹു സ്വരൂപരൂ നിത്യത് രൂപം കശ്ചിത് കഥാചന സ്വരൂപരൂപാഭ്യാം നിത്യം സദസദാത്മകേ വസ്തുനി വസ്തുനി എന്ന് പറയുന്നത് ഏത് വൈകന്മാരുടെ വിമുക്തികളൊക്കെ നോക്കിയ അർത്ഥം മനസ്സിലാക്കും പ്രഥമാധിവേദനം വസ്തുവസ്തുനി വസ്തുവസ്തുനി ദ്വിതീയധിവേദന അങ്ങനെയാണ് അറിഞ്ഞാലേ എന്റെ അർത്ഥം മനസ്സിലാവും അപ്പോൾ സ്വരൂപപരൂപാഭ്യാസ സ്വരൂപപരൂപങ്ങളിൽ നിത്യം സത് രൂപത്തിലും അസത്തിലും രൂപത്തിലാണ് എന്നുവെച്ചാൽ സ്വരൂപത്തിൽ ഒരു വസ്തു സത്തായിരിക്കുന്നു പരരൂപത്തിലുള്ള വസ്തു അസത്തായിരിക്കുന്നു അത് എങ്ങനെ കിഞ്ചിത് ഒരു രൂപം കൈ ചെയ്തു ഒരാള് കഥാകനം ചിലപ്പോ അറിയുന്നു എന്നിട്ട് ഒരാൾ പുസ്തകത്തെ കണ്ടിട്ട് പുസ്തകരൂപത്തിൽ സത്തായി അറിയുമ്പോൾ വേറെ ആൾ പുസ്തകത്തെ കണ്ടിട്ട് മേശയുടെ രൂപത്തിൽ അതിനെ അസത്തായിട്ടറിയും ഒരാൾ മേശയെ കണ്ടിട്ട് ഒരാൾ മേശയുടെ രൂപത്തിൽ അതിന് സത്തായിട്ടറിയുമ്പോൾ വേറെ അതിനെ കണ്ടിട്ട് പുസ്തകത്തിന്റെ രൂപത്തിൽ അസത്തായി അറിയും ഇത് സഖ്യാതിവാദികളുടെ നിർവചനമാണ് കുമാരലഭട്ടൻ പറഞ്ഞത് ഇത് പറഞ്ഞപ്പോ അവരോട് ചോദിക്കിം മരീശിഷു തോയ നിർഭാസ പ്രത്യഹ തത്വഗോചരഹ അരോട് ചോദിക്കുക ശരി അത് സംബന്ധിച്ചു നിങ്ങൾ പറയുന്നത് മരീചിയിൽ കാണുന്ന പോയം ജലം പ്രകടമാകുന്ന ജ്ഞാനം മരുഭൂമിയിൽ ജലം പ്രകടമാകുന്ന ജ്ഞാനം തത്വഗോചര അതിന്റെ വിഷയം എന്താണ് സത്താണോ ജലത്തിന്റെ ജ്ഞാനം ഉണ്ടല്ലോ അതിന്റെ വിഷയം എന്ന് പറയുന്നത് സത്താണോന്ന് ചോദിക്കുന്നു ആരോട് ചോദിക്കുന്നുണ്ട് അതോടാ ചോദിക്കുന്നു സത്കാരിവാദിയോട് ശൂന്യവാദിയൊന്നും കൂടെ ഇല്ല വേറെ ഒക്കെ കഴിഞ്ഞു സത്കാരിവാദിയോട് ചോദിക്കുകയാണ് എന്താണ് മരുഭൂമിയെ കാണുന്ന ഇതാണ് ആ ജലത്തിന്റെ ജ്ഞാനം ആ ജ്ഞാനത്തിന്റെ വിഷയം എന്തായിരിക്കുന്ന ജലം സത്താണ് എന്നാ ചോദിക്കുന്നു അപ്പോ സത്കാരിവാദി പറയുന്നത് സത്താണ് കാരണം സത്ഖ്യാതിയല്ലേ വസത്തില്ലല്ലോ ഇപ്പം മരുഭൂമിയിൽ കാണുന്ന ജലജ്ഞാനം അതിന്റെ വിഷയമായിരിക്കും ജലസത്തെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം തത്വഗോചര തത്വമാണെങ്കിൽ തഥാച സമീച്ചിരുന്നു ഇപ്പൊ എന്തും ആ തന്നെയാണ് വിഷയമാക്കുകയാണെങ്കിൽ ജലം തത്താണെന്ന് പറയേണ്ടി വരും അവിടുത്തെ ജലം തത്വം എന്ന് അപ്പോ എന്തുകൊണ്ടങ്ങനെ പറയാൻ പറ്റുന്നു അസത്താണെന്ന് കാരണം അവിടത്തെ ആ ജലമെന്ന് പറയുന്നത് മരീജ രൂപത്തിൽ അസത്താണ് ജലരൂപത്തിൽ സത്താണെന്ന് പറയാം അവിടെ സിദ്ധാന്തം അതല്ലേ അവിടെ കാണുന്ന എന്താണ് ജലം ജലം മരീചരൂപത്തിൽ എന്താണ് അസത്ത പക്ഷെ ജലരൂപത്തിൽ അതല്ലേ അവര് നേരത്തെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സിദ്ധാന്തമനുസരിച്ചാണ് അത് സത്യമാവും ആ ജ്ഞാനത്തിന്റെ വിഷയമായിരിക്കുന്ന ജലം സത്യമാണെന്ന് വെച്ചാൽ അവിടെ വെള്ളം ഉണ്ടെന്ന് വരും ഇതിന്റെ ഭ്രാന്തനാഭിബാധ്യത അങ്ങനെ വന്നു കഴിഞ്ഞാൽ മരുഭൂമിയില് ജലത്തെ കാണുന്ന ആളുടെ ഭ്രാന്തി എന്തുകൊണ്ട് ആ ജലം കാണുന്ന ജലം ൂപത്തിൽ അസത്താണെങ്കിലും ജലരൂപത്തിൽ സത്താണ് സത്താണെങ്കിലത് യഥാർത്ഥമാവും യഥാർത്ഥമാണെങ്കിലും അവിടെ കാണുന്നവന് ഭ്രാന്തി ഉണ്ടാവും അപ്പൊ അയാക്ക് പറയാൻ പറ്റുമോ നീതം ജലം ഇത് ജലമല്ലാന്ന് ഭ്രാന്തിജ്ഞാനം ഉണ്ടാവും ബാധയുണ്ടാവും അപ്പൊ സ്വരൂപത്തിൽ സത്ത് പരരൂപത്തിൽ അസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജലത്തെ പറയാം സ്വരൂപേണ സത്താണ് സ്വരൂപത്തിൽ അസത്താണ് സ്വരൂപേണ് സത്താണെങ്കിൽ അനുബാധ ഉണ്ടാകത്തില്ല എന്ന ഭ്രാന്താവിധ്യത അധ എന്ന ബാധ്യേത ആര് പറയുന്നു സത്കാവാദി ആ ബാധിക്കണ്ടങ്ങൾ പറയുന്നത് ബാധ വേണ്ട എന്നാണ് കാരണം സത്കാരിവാദിയല്ലേ അപ്പോ ഭ്രഹ്മത്തിനല്ലേ ബാധ വരും ബാധിക്കുന്നില്ല എന്നു തന്നെ ഞങ്ങൾ പറയുന്നു അസ്വരൂപേണ സത്താണ് പരരൂപത്തിലെ അസത്താണ് ബാധ വേണ്ട അദ്ധാന ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുകയാണ് ബാധിക്കില്ല എന്ന് വെച്ചാൽ അത് കാണുന്നവൻ ഭ്രാന്തന കണ്ടെന്ന് വരും സബ്കാരിവധി പറയുന്ന അനുസരിച്ച് അഭാവാത്മനാം മരിചീനാം തോയ ഭാവാത്മത്വം ീചീൻ അത്മതാത്മനാക തോയാത്മനാ ദുഗണ്ണൻ കഥം അഭ്രാന്ത കഥം അപാധ്യ നിങ്ങൾ പറഞ്ഞാൽ ശരിയാവും എന്താണ് ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ ശരിയാവും എവിടെ എപ്പോ അതാണ് പറയുന്നത് എതി മരീചിൽ ആ തോയാത്മതത്വാണ് ജലമല്ലാത്ത മരീചികളെ ആ തോയാത്മന മരീചിരൂപത്തിലാണ് ഗ്രഹിക്കുകയാണെങ്കിൽ ന ബാധ്യത അനുബാധ ഉണ്ടാകത്തില്ല മനസ്സിലായോ മരീചിയിൽ മരീചി അങ്ങനെയുള്ളത് അത്വയാത്മതത്വമാണ് ജലരൂപത്തിലല്ല ജലരൂപത്തിലെ സത്തല്ല അങ്ങനെയുള്ള അത്വയാത്മനാകരണീയ ജലരൂപത്തിൽ ഗ്രഹിക്കും ആ തോയെന്ന് വെച്ചാൽ ജലം ജലമല്ലാത്ത മരീചികളെ ജലരൂപത്തിലാണ് ഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ എന്താണ് അവിടെ ബാധ സംഭവിക്കില്ല ഇത് ജലമല്ല എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് പറ്റത്തില്ല ആ തോയ ജലമല്ലാത്തതെന്ന് വെച്ചാൽ മരീ മരീചിരൂപത്തിലുള്ള മരീചികളെ ആ തോയാത്മനാകരണിയെന്ന് പറഞ്ഞാൽ മരീചിയായിട്ടാണ് ഗ്രഹിക്കുകയാണെങ്കിൽ പൂർവ്വത്തോടെ അന്വിക്കണം എന്നാ ബ ശരിയാണെന്ന് ബാധ സംഭവിക്കില്ല കാരണം അവൻ കാണുന്ന പ്രകാശത്തെയാണ് അമ്മ അവിടെ നോക്കിയിട്ടാണ് പോലെ ഇതാ ഉഷ്ണകിരണം പക്ഷെ അവങ്ങനെയല്ല കാണുന്നത് അവങ്ങനെയാ കാണുന്നത് ജലരൂപത്തിലാണ് കാണുന്നത് അപ്പോൾ അവിടെ ഉള്ളതെന്താണ് മരീചി തോയമല്ല അങ്ങനെ മരീചി രൂപത്തിലാണ് ഒരാൾ ഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ ബാധ എന്താ അതാണ് പറയുന്നത് സിദ്ധാന്തി പറയുന്നത് പോയാത്മനാഥുഗർണ്ണൻ പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണോ അവിടെ അവൻ എങ്ങനെ കാണുന്നു ഏ എങ്ങനെ കാണുന്നു ജലരൂപത്തിൽ കാണുകയാണ് കഥം അഭ്രാന്തി അവന് ഭ്രാന്തി പറയാൻ പറ്റും സിദ്ധാന്തി പറയുകയാണ് ഭ്രാന്തി ഇല്ല സത്യാതി എന്ന് പറയുന്ന ആളിനോട് പറയുകയാണ് നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് നിങ്ങളെന്നൊരു കാര്യം പറയുന്നുണ്ട് എന്താണ് അവിടെ ഉള്ളത് മരീചിയാണ് അത് ജലമല്ല അത്യമാണ് അത് പറയുന്നുണ്ട് മരീചിയെന്ന് പറയുമ്പോ എന്താണ് സ്വരൂപേണ്ടത് സത്താണെന്ന് കരൂപത്തിന്റെ അസത്താവത്ത മരീചുണ്ടെന്ന് എല്ലാരും അംഗീകരിക്കുന്നുണ്ട് ജലമല്ല ജലമല്ലാന്നറിയും നിനക്ക് മരീചിരൂപത്തെ അറിയുന്നു അപ്പോ അങ്ങനെയാണെങ്കിൽ ബാധ വരത്തില്ല പോയത്മനാഥനുണ്ടല്ല അങ്ങനെ ജലമായി കാണുകയാണെങ്കിൽ എന്തുവരും ബാധപരും പറയും ഭരമത്തെ പറ്റിയും പറയും ജലമായിട്ടാണ് പറയണെങ്കിലും അവൻ പറയും ഇത് ജലമല്ല ഇത് മരീചയാണെന്ന് പറയും കഥം അഭ്രാന്ത ബാധ എങ്ങനെ ഉണ്ടാകാതിരിക്കും ഓ ഇത് ജലമല്ല മരീചയാണെന്നുള്ള ഞാൻ എങ്ങനെ ഉണ്ടാകാതിരിക്കും അതുകൊണ്ട് ഇനി വിശദീകരിക്കുകയാണ് അന്തവാത്മന മരീചീനം താവുന്ന സത്യഭാ അഭേദന തോയഭാവാത്മത അനുപത്തി ഭഗതിഗതം തോയം പൗരസ്പോ മരീചയ പ്രത്യക്ഷ നോയം ഉത്തരസ്മരണേതിരസ്തമസ്തരൂപമസ് തനോ ഗോചരനുപത്തെ ഉത്ത ോധ ഇതിർവാച്യമേവ ആരോപണീയം സിദ്ധാന്തത്തെ പറഞ്ഞു സംബന്ധിക്കുന്നവരും മനസ്സിലാകുന്നുണ്ട് രണ്ടൂന്നവണ പറഞ്ഞാ വീണ്ടും വീണ്ടും വരും എങ്ങനെ പറയുക എന്ന് പറയുന്ന വലിയൊരു വെല്ലുവിളിയാണ് എങ്ങനെ ഒരാൾക്ക് മനസ്സിലാകാത്ത രീതി പറയും പറയാനും എളുപ്പ പറയു തോയ അഭാവാത്മനാം മരീചീനാം തോയ ഭാവാത്മത്വം തവന്ന സത് മരീചിന്ന് പറയുന്നത് ജലമല്ല ജലമല്ലാത്ത മരീചിയെ ജലമായി കരുതുന്ന എന്താണ് സത്താണ് ജലമല്ലാത്ത മരീചി ജലമായി അനുഭവപ്പെടുന്നു അപ്പൊ സത്താണോ അതാണ് ഒരു നസത്ത് എന്ന് പറയുന്നുണ്ട് തോയ അഭാവാത്മനാ തോയരൂപമല്ല എന്ത് മരീചന തോയ ഭാവാത്മത്വം അതിനെ തോയരൂപമായി ഇരിക്കുക എന്ന് പറയുന്നു വെള്ളം അല്ലാതിരിക്കുന്ന ഉഷ്ണകിരണങ്ങൾ വെള്ളമായിരിക്കുക അങ്ങനെയുള്ള ഒരാൾ കാണുന്നത് ഭ്രാന്തി ഉടവനെ കുറിച്ച് പറയുന്നത് തവന്ന സത്ത് അത് സാണോ എന്ത് സത്തല്ല എന്ത് സത്തല്ലെന്നാ ഇപ്പൊ പറഞ്ഞത് ആ വെള്ളം അല്ലാത്തതായ മരീചി വെള്ളരൂപത്തിൽ അവിടെ കാണുന്നു വെള്ളരൂപത്തിലിരിക്കുന്നു പറയാണ് വെള്ള രൂപത്തിലല്ലാത്ത മരീജി അവിടെ എന്താ രൂപത്തിരിക്കുന്നു അത് സത്തല്ല എന്തുകൊണ്ട് സത്തല്ല ദേഷാം തോയാഭാവ മരീചി ജലമുണ്ടാകുന്നു ദേഷാംന്ന് വെച്ചാ മരീചിന്ന് മരീചി തോയമാവും എന്ന് ദേഷാം തോയാഭാവ വെള്ളമല്ലാത്ത കൊണ്ട് തന്നെ ഒക്കെ ശുദ്ധാന്തി വിശദീകരിക്കുകയാണ് അഭേദേന തോയ ഭാവാത്മത അനുപത്തെഹേ മരീചിയോട് അഭേദമായി ജലമാകുക എന്ന് പറയുന്നത് ഒരു യുക്തിയല്ല നമ്മളവിടെ കാണുന്ന ആ ജലം അവിടെ ഉണ്ടെന്ന് കാണുന്ന ആ ജലം മരീചിയോടഭേദമായി ജലമാകുക എന്ന് പറയും നടക്കും എന്ന് പറയുന്നത് മരിചീന തോയാ ഭാവും അത് ജലം അല്ലാത്തതുകൊണ്ട് അഭേദേന അഭേദമായി ഏതിനോട് അഭേദേന എന്ത് ജലം അഭേദേന തോയ ഭാവാത്മത എന്ന് വെച്ചാൽ തോയ രൂപത ജലരൂപമാകുക എന്ത് എന്താണ് ജലരൂപമാകുന്നത് മലീജി അനൂപത്തെ കുറിച്ചതിന് യാതൊരു സാധ്യതയില്ല യാതൊരു യുക്തിയില്ല പക്ഷെ കാണുന്ന അങ്ങനെ ജലമായിട്ടാണ് ഉള്ളത് അവിടെ എന്താണ് മരീജി അതുകൊണ്ട് അത് സത്തല്ല സത്തല്ല എന്നുള്ളത് എന്തുകൊണ്ട് വിശദീകരിച്ചതാണ് കാരണം അവിടെ ഉള്ളത് ജലമാണ് അത് അല്ല ഉള്ളത് മരീചിയാണ് അത് എന്താണ് ജലമാകത്തില്ല അഭേദമായി ജലമാകത്തില്ല എന്നു അതുകൊണ്ട് സത്തല്ല അവിടെ കാണുന്നത് നിന്നാ പ്യസത്ത് ഇനി അവിടെ കാണുന്ന ആ ജലം അസത്താണോ അതുമല്ല എന്തുകൊണ്ട് വസ്തുഅതമേ വഹി വസ്തുവാന്തരസി അസത്വം ആസ്തീയത അതാണ് നിങ്ങൾ തന്നെ പറയുന്ന അനുസരിച്ച് ഈ അസത്വന്ന് പറയുന്നത് എന്താണ് അസത്താണ് അസത്വെന്ന് പറയുന്നതും അവര് പറയുന്ന അനുസരിച്ച് എന്താണ് അസത്താണ് എങ്ങനെയാണ് പുസ്തകം മേശയുടെ രൂപത്തിൽ പുസ്തകം മേശയുടെ രൂപത്തിൽ അസത്താണ് എന്ന് പറയുമ്പോ ആ മേശ മേശയുടെ രൂപത്തിൽ എന്താണ് സത്താണ് അപ്പൊ നിങ്ങൾ എന്തിനാണോ അസത്തെന്ന് പറയുന്നത് അത് സത്താണ് മേശ മേശയുടെ രൂപത്തിൽ സത്ത് തന്നെയാണ് പുസ്തകത്തെ രൂപത്തിലാണെന്ന് പറയുന്നത് അസത്വം അപ്പൊ നിങ്ങൾ അസത്തെന്ന് പറയുന്നത് എന്തിനാണോ മേശഅസത്താവുന്ന എങ്ങനെയാണ് അപ്പൊ മേശയുടെ രൂപത്തിലോ അപ്പൊ നിങ്ങൾ അസത്വം എന്ന് പറഞ്ഞാ എന്താ എന്റെ അർത്ഥം സത്വ ആണ് പറയുന്നത് വസ്തുതരമേവ അന്യവസ്തു വസ്തുതരസ്യ മറ്റൊരു വസ്തുവിന്റെ അസത്വമാസത്വമാകുന്നത് ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ അസത്വമാണ് ഏതെങ്കിലും ഒരു വസ്തുവിനെടുക്കുക മേശയെടുക്കുക മറ്റൊരു വസ്തുവിന്റെ അസത്വമാണ് മറ്റൊരു വസ്തുവിന്റെ പുസ്തകത്തെ സംബന്ധിച്ചെന്താണ് അസത്വമാണ് പുസ്തകത്തിന്റെ അസത്വമാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് മേശ മേശയുടെ രൂപത്തിൽ സത്വവും ൂപത്തിൽ അസത്വമാണ് അപ്പൊ ഏതൊരു വസ്തു എടുത്താലും ശരി മറ്റൊരു വസ്തുവിനെ അപേക്ഷിച്ച് അതെന്താണോ അസത്വമാണ് സ്വയം എന്താണോ അസത്താണ് ആണ് പറയുന്നത് വസ്തുവന്തുച്ചാൽ രണ്ട് വസ്തുക്കളെടുത്തിട്ട് പറയുന്നത് വസ്തുച്ചാൽ അന്യവസ്തു രണ്ടിലൊന്നിനെയാണ് വസ്തു ധരവെന്ന് പറയുന്നത് വസ്തുവന്തര മറ്റേ വസ്തുവിനെ അപേക്ഷിച്ച് അസത്വം അസത്വം എന്ന് പറയുന്നു ഭവാന്തരം അഭാവോ അന്യോ നാവാാന്തര അഭാവം എന്ന് പറയുന്നത് ഭാവാാന്തരമാണ് അഭാവം എന്ന് പറയുന്നത് എന്താണ് മറ്റൊരു ഭാവത്തെയാണ് അഭാവം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഘടത്തിന്റെ അഭാവമാണെന്ത് പടം നിങ്ങള് പറയുന്ന എന്താണ് പുസ്തകത്തിന്റെ അഭാവമാണ് മേശ എന്ന് പറയാം പുസ്തകത്തിന്റെ അഭാവമാണ് കാരണം എന്തുകൊണ്ട് പറയുന്നു പുസ്തകത്തിന്റെ അഭാവം മേശിയിലുണ്ടോ നിങ്ങൾ പുസ്തകത്തിന്റെ അഭാവം എന്താണ് മേശയാണ് അഭാവം അധികരണം തന്നെ വേറെ എന്തവിടെയുള്ളത് നിങ്ങൾ പുസ്തകത്തിന്റെ അഭാവം മേശയിലുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ അഭാവവും മേശി രണ്ടുണ്ടോ ഉണ്ടോ പുസ്തകത്തിന്റെ അഭാവം മേശയിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അഭാവം വേറെ അഭാവം എന്ന് പറയുന്നത് ഭാവാന്തരമാണ് പുസ്തകത്തിന്റെ അഭാവം എന്ന് പറയുന്നത് മേശയാണ് അന്യൊക്കെ വേറെ ഒന്നുമല്ല അന്യരൂപണം അത് ചെയ്യാൻ പറ്റത്തില്ല അഭാവത്തെ നിരൂപണം ചെയ്യാനേ കഴിയത്തില്ല ഒരു വസ്തുവായിട്ടേ നിരൂപണം ചെയ്യാൻ പറ്റും ഇവിടെ ആനയുടെ അഭാവം പറഞ്ഞാൽ അത് ഭൂമിയാണ് നമുക്ക് ഭൂമിയായിട്ട് മനസിലാക്കാൻ പറ്റും ഇവിടെ എന്തിന്റെ അഭാവം ഉണ്ടെന്ന് പറഞ്ഞാലും അതിനു മേശയായിട്ടേ മനസ്സിലാക്കാൻ പറ്റും ആണ് പറയുന്നത് ഇതും കുമാരന ഭട്ടന്റെയാണ് ഭാബാന്തര അഭാവോസ് അന്യരൂപണ അഭാവം എന്ന് പറയുന്ന ഒരു വസ്തുവിനെയാണ് പറയുന്നത് മറ്റൊന്നുമല്ല നിരൂപുണിയാ സാധ്യത നിങ്ങൾക്ക് താർക്കികന്മാരും മറ്റും പറയുന്നവരാണ് അഭാവം എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഉണ്ടെന്ന് പറയാൻ കഴിയത്തില്ല എന്ന് പറയുന്നവര് എന്താണ് ഒന്നിന്റെ അസത്വം എന്ന് പറയുന്നു മറ്റൊരു സത്വത്തെ ഉണ്ട് നിങ്ങളെവിടെ അസത്വം എന്ന് പറയുന്നോ അതൊക്കെ എന്തായിരിക്കും ും അതാണ് ഭാന്തരം അഭാവോ അന്യ കസ്റ്റിത് അനുരൂപണം ഇതിവദി വസ്തുവാന്തരമേവ ഹി വസ്തുരസ് അസത്വം ആശ്രയിട്ടേ അപ്പോൾ നിങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത് ഒരു വസ്തുവിന്റെ അസത്വം എന്ന് പറയുന്നത് മറ്റൊരു വസ്തുവാണ് അതുകൊണ്ട് അതാണ് നിങ്ങൾ സാറിന് പറയുന്നത് ഇനി മരുമരിചിയിലേക്ക് വരാം അവിടുത്തെ ജലം അത് ഏതെങ്കിലും ഒരു വസ്തുവാണോ ചോദിക്കുകയാണ് നിങ്ങളുടെ സിദ്ധാന്തമനുസരിച്ച് നിങ്ങൾ എന്താണോ അസത്വം എന്ന് പറയുന്ന ഒരു വസ്തുവിനെയാണ് ചോദിക്കുന്നു മരുഭൂമിയിൽ കാണുന്ന ആ ജലം അതൊരു വസ്തുവാണ് സത്കാരിവാദിയോട് ചോദിക്കുകയാണ് എന്നുവെച്ചാൽ ആരോപിതം രൂപം വസ്തുതരം ആരോപിതമായിരിക്കുന്ന രൂപം എന്തായാലും ശരി രുചുവർപ്പമോ ഒരു മരീചകയോ എന്തായാലും ശരി മറ്റൊരു വസ്തുവല്ല പറഞ്ഞാലോ ചോദിക്കുന്നു തദ്ധി മരീചയോ വാ ഭവേ ഗംഗാധിഗതം തോയമ്പ നിങ്ങൾ പറയുന്നു അവിടെ ആരോപിച്ചിരിക്കുന്ന ആ ജലം നമ്മൾ കാണുന്ന ആ ജലം മറ്റൊരു വസ്തുവാണ് കാരണം എന്തുകൊണ്ട് അസത്തെന്ന് പറഞ്ഞാൽ മറ്റൊരു വസ്തുവാണ് ചോദിക്കുകയാണ് അവിടെ മരുമ്പ ഒരു ജയിൽ ആരോപിച്ചിരിക്കുന്നത് മറ്റൊരു വസ്തുവാണോ ആണെന്ന് പറഞ്ഞെന്താണോ അത് മരീചിയാണോ ഉഷ്ണകിരണമാണോ അതോ ഗംഗയിലെ ജലമാണോ ബ്രഹ്മസ്ഥലത്ത് ഭ്രമിച്ച ആള് കാണുന്ന ആ ജലം എന്ന് പറയുന്നത് മറ്റൊരു വസ്തുവാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് വസ്തു അത് ഉഷ്ണകിരണങ്ങളാണോ അതോ ഗംഗയിലെ ജലമാണോ സത്കാരിയുടെ അദ്വൈതി ചോദിക്കുകയാണ് അതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യം പറയുന്നത് ആരോപിതൻ്റെ വസ്തുവന്തിരം ആരോപിച്ച ജലം മറ്റൊരു വസ്തുവല്ല ആണെങ്കിൽ ഏതെന്ന് പറയേണ്ടി വരും തദ്ധി മരീചിയോവാഭവ അപ്പോൾ ആ ജലം എന്ന് പറയുന്നു ഒന്നീ ഉഷ്ണകിരണമായിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം ഗംഗാധിഗതം തോയമ്മ ഗംഗയിലെ ജലമായിരിക്കണം അത് ഉഷ്ണകിരണമെന്ന് ചോദിച്ചാൽ അല്ല അത് അങ്ങനെ പറയാൻ പറ്റില്ലെന്നു പറയണം വെള്ളമാണ് അവിടെ കാണുന്നത് ഏത് വെള്ളം അത് വസ്തുവന്തിലെന്ന് പറയുന്നു അത് ഗംഗയിലെ എന്ന് പറയാൻ പറ്റും പറയുന്നു ആദ്യം അത് ഉഷ്ണകിരണമാണെന്നെടുത്താൽ പൊറോസി മരീചെയ്തി പ്രത്യേകിച്ച തോഴിമതി പറയണം മരുഭൂമിയിൽ കാണുന്ന ആ വെള്ളം ഉഷ്ണകിരണമാണ് എന്നുവെച്ചാ ഭാവാന്തരം മറ്റൊരു വസ്തുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നു അവിടെ ആ മരുഭൂമി ജലം കാണുന്നതാണ് ഇതാ ഉഷ്ണകിരണം എന്നനുഭവിക്കണം അല്ലാ ജലം എന്നനുഭവിക്കാൻ പാടില്ല മരുഭൂമിയില് ജലം കാണുന്നയാള് പറയുന്നു ഇത് ഉഷ്ണകിരണമാണെന്നുണ്ടോ ബ്രഹ്മത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പറയാൻ പറ്റുമോ ഈ കാണുന്നത് ഉഷ്ണകിരണമാണോ അങ്ങനെ പറയാൻ പറ്റുമോ ഞാൻ പറയാൻ പറ്റത്തില്ല അവര് ജലമൊന്നേ പറയത്തോ അത് വസ്തുതരമാണ് ഏത് വസ്തു ഉഷ്ണകിരണമാണോ അങ്ങനെ പറയാൻ പറ്റില്ല പറയുന്നു അത് ഉഷ്ണകിരണമാണെന്നുള്ള പക്ഷത്തിൽ മരീചൈതി പ്രത്യസ്യ അങ്ങനെയാണെങ്കിൽ നോക്കിയിട്ട് അയാൾ പറഞ്ഞത് ഉഷ്ണകിരണമാണോ എന്നാ തോയും ജലം ഒന്നും അയാൾക്ക് പറയാൻ കഴിയില്ല പക്ഷെ ഭ്രമത്തിൽ അടിപ്പെട്ട ആള് ആ മരുഭൂ നോക്കിട്ടെന്താ പറയുന്നു ജലമൊന്നാണ് ഉത്തരസ്മിൻ രണ്ടാമത്തെ പക്ഷം എന്താണ് അത് ഗംഗയിലെ ജലമാണോ അവിടെ കാണുന്ന പിന്നെ വസ്തുതരായിരിക്കണമല്ലോ ആ കാണുന്നത് മറ്റൊരു വസ്തുവായിരിക്കാം ഗംഗയിലെ ജലമാണോ ചോദ്യം ഉത്തര സ്മിന്തു ജലമെന്നുള്ള പക്ഷത്തിലാണെങ്കിൽ ഗംഗായാം തോയമിരിച്ച് അത് കണ്ടിട്ട് ഒരാൾ പറയുന്നത് ആ ഗംഗാജലം അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ മരുഭൂമിയിൽ വരൾച്ചയുള്ള സ്ഥലത്ത് അവിടെ പോയി ജലം കാണുന്നയാളിത് ഗംഗയിലെ ജലമാണല്ലെങ്കിൽ കടലിലെ വെള്ളമാണല്ലെങ്കിൽ ഇന്ന കുളത്തിലെ വെള്ളമാണോ പറയാൻ പറ്റൂ പറ്റുമൊരാൾക്ക് ജലമെന്നേ പറയാൻ പറ്റൂ അതാണ് ചോദിച്ചത് അവിടെ കാണുന്നു ജലം ഈ ജലമെന്ന് പറയുന്ന മറ്റൊരു പദാർത്ഥമാണെങ്കിൽ അത് ഉഷ്ണകിരണമാണോ എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ കണ്ടിട്ട് ഇത് ഉഷ്ണകിരണം എന്നല്ല അനുഭവം ജലമെന്നാണ് ഇനി പറയാൻ പറ്റുമോ പക്ഷെ കണ്ടിട്ട് ആരും പറയില്ല ഇത് ഗംഗേരജലമാണെന്ന് മറിച്ച് എന്താണ് ജലം എന്നേ ബോധമുണ്ടാവും ാണ് പറയുന്നത് പൊറ സങ്കല്പ ആദ്യപക്ഷത്ത് മരീചെന്നുള്ള പക്ഷത്തിൽ മരീച ഇരി പ്രത്യസ്യ കൃഷ്ണകിരണവും ബോധം ഉണ്ടാകും ന തോയം ഇരി ജലം എന്നുള്ള തോയം പ്രതീതി ഉണ്ടാകത്തില്ല ഉത്തരസ്ഥിന് അത് കണ്ടിട്ട് ആ ജലത്തെ കണ്ടിട്ട് ഒരാൾ പറഞ്ഞാൽ ഗംഗയില ജനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗായാം തോയം ഇരി ഗംഗായലെന്നായിരിക്കും ഒരാൾക്ക് അനുഭവം ഉണ്ടാകുന്നത് ന പുനാർഹേ ഇതാ ഇവിടെ ജലം എന്നയാൾക്ക് പറയാൻ പറ്റില്ല ഇവിടെ ജലം എന്ന് പറഞ്ഞാൽ എന്താണ് മരുഭൂമിയാണ് ഇവിടെ ജലം എന്ന് പറഞ്ഞാൽ എന്താണ് ഗംഗിയുടെ ജലമാണ് ഗംഗിയുടെ ജലം അവിടുത്തെ ജലമാണ് ഇത് മരുഭൂമിയിലെ കാണുന്നത് ഇഹ ജലം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് അത് ജലം എന്നല്ല അയാളുടെ അനുഭവം അപ്പൊ പറയണു ദേശഭേദ അസ്മരണേ തോയം ഇതിന് അപ്പൊ ഒരാള് പറയണു ആ കാണുന്നത് ഗംഗയുടെ ജലം തന്നെയാണ് പിന്നെ എന്തുകൊണ്ട് ഇതാ ഇവിടെ ജലം എന്നെന്തുകൊണ്ട് പറയുന്നു പറയുന്നു അത് അയാള് മറന്നുപോയി ആ കാര്യം ദേശഭേദം മരിച്ചു ഇത് കാശിയിലെ അവിടത്തെ ഗംഗയാണെന്നുള്ള കാര്യം അയാൾ മറന്നുപോയി അതുകൊണ്ട് എന്തു പറയുന്നു ഇവിടെ എന്ന് പറയുന്നു അല്ലെങ്കിൽ അങ്ങനെ പറയാം എന്താണ് അയാളിപ്പം മുമ്പ് തന്റെ മുമ്പിൽ ഉള്ള ജലത്തെ കാണുന്നു വാസ്തവത്തി എന്താണ് ഗംഗയുടെ ജലമാണ് അതെല്ലാം മറന്നുപോയി മറന്നുകൊണ്ടയാൾ എന്ത് പറയുന്നു ദേശഭേദം എന്ന് വെച്ചാൽ കാശി അസ്മരണം എന്ന് വെച്ചാൽ അത് മറന്നുപോയി പണ്ടായെന്ന് പറയും ഇവിടെ ജലം എന്ന് പറയും വാസോത്തി ഗംഗയുടെ ജലമാണ് എന്ന് പറഞ്ഞാൽ ഒരു ദേശഭേദം മറന്നുപോവാണ് ഇതിവിടെ കിടക്കുന്ന എന്താണ് ഗംഗയുടെ ജലമാണ് കാശി എന്നുള്ള കാര്യമാണ് മറന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗംഗ ഒരു സ്ഥലമാണ് ഹരിദ്വാറാണ് ഋഷികേശാണ് അങ്ങനെയുള്ളതൊക്കെ മറന്നുപോയി എന്നിട്ടയാളും വരുന്ന ഇവിടെ ഗംഗ എന്ന് പറയും മരുഭൂമി അല്ലല്ലോ മരുഭൂമി ഗംഗ ഇല്ലല്ലോ ഇപ്പൊ ദേശഭേദ അസ്മരണയെ ദേശഭേദം എവിടെയാണോ ഗംഗ ഒഴുകുന്നത് ആ സ്ഥലം അതായത് മറന്നുപോയി മറന്നുപോയിട്ട് എന്തുപറയുന്നു ഇവിടെ ജലമെന്ന് പറയും എന്നാണ് പറയണമെങ്കിലോ അത് ശരിയല്ലേ എന്തുകൊണ്ട് അങ്ങനെ മറന്നുപോയാൽ വെറും ജലം എന്നുള്ള ബോധമുണ്ടാവൂ ഇവിടെ ജലമെന്ന് ബോധം ഉണ്ടാവും എന്തുകൊണ്ട് ഇവിടെ എന്ന് പറയുന്നത് ദേശത്തെയാണ് പറയുന്നത് ദേശത്തെ മറക്കുകയാണെങ്കിൽ അയാക്കൊരിക്കലും എന്തു പറയാൻ പറ്റില്ല ഇവിടെ ജലമെന്ന് പറയാൻ പറ്റുള്ളൂ കാരണം അയക്കറി അയാളിപ്പോൾ നടക്കുന്ന മരുഭൂമിയിലാണ് ഇഹ എന്ന് പറഞ്ഞ മരുഭൂമിയിലാണെന്നാണ് അപ്പം മരുഭൂമിയിൽ ജലം എന്നാണ് അയാൾ പറയുന്നത് അതുകൊണ്ട് ഗംഗ ഒഴുകിയ ദേശം മറന്നിട്ട് ഇഹ ദേശം എന്ന് പറയുന്നതല്ല മറന്നുപോയെങ്കിൽ അയാൾ ഇത്രേ പറയൂ ജലം ഇത്രേ പറയൂ ജലം എന്ന് പറയുന്നത് എന്താണോ ഈ മരുഭൂമിയിലെ ജലത്തെയാണ് പറയുന്നത് ഗംഗയുടെ ജലം ആണോ ആണോ ഓ ഇതുവരെ പറഞ്ഞേക്ക പോയി അവിടെ ഇരിക്കറ്റ് ഇനി പറഞ്ഞ കാര്യ കൂടുതലായ കേരള തണിത്തലേ